ഇത് അല്ലാഹുസുബ്ഹാനഹൂവത്താളായുടെ കൽപ്പനയാണ് അവനത് നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുസുബാനുഹൂവത്താളായെ സൂക്ഷിച്ചാൽ അവൻ അവന്റെ തിന്മകൾ പുറത്തു കൊടുക്കുകയും അവന് വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും